ഏഴ് ആകാശങ്ങളും ഭൂമിയിലും അതുപോലെയും സൃഷ്ടിച്ചത് അള്ളാഹു സുബാനഹൂവത്ത ആളായെയാണ് അള്ളാഹു സുബഹാനഹൂവത്ത ആള എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണെന്നും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവന് പൂർണമായ അറിവുണ്ടെന്നും നിങ്ങളറിയുന്നതിനായി അവക്കിടയിൽ കൽപ്പനകൾ ഇറങ്ങുന്നു